അഹിംസയാണെൻറെ മതം സത്യമാണെന്റെ സമരായുധം എന്റെ ജീവിതമാണെന്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച മഹാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദിന്റെയും പുത്തലിഭായിയുടെയും മകനായി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി ഗാന്ധിജി കസ്തൂർബെ വിവാഹം കഴിച്ചു ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് ബോംബെയിലും രാജ്കോട്ടിലുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നേപ്പാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ഗാന്ധിജി ആരംഭിച്ചു ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം സെപ്റ്റംബറിലായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം യിരത്തി എട്ട് ദക്ഷിണാഫ്രിക്കയിലെ ജോകന്നാസ്ബർഗിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദക്ഷിണാഫ്രിക്ക ഉപേക്ഷിച്ച് ഗാന്ധിജി ഇന്ത്യൻ മണ്ണിലേക്ക് മടങ്ങിയെത്തിൽ സബർമതിയുടെ തീരത്ത് സത്യാഗ്രഹ ആശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായ ഹർത്താൽ നടത്തി ിൽ നിസഹകരണ പ്രസ്ഥാനം വിജയകരമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ യംഗിന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ പേരിൽ യെർവാദ ജയിലിൽ ആറ് കൊല്ലം ജയിൽ ശിക്ഷോധിച്ചു മാർച്ച് പന്ത്രണ്ട് ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം വട്ടമിച്ച സമ്മേളനം ലണ്ടനിൽ വച്ച് ഗാന്ധിജിയും പങ്കെടുക്കുന്നു ൺഗ്രസ് ക്വിറ്റ് ഇന്ത്യാ പ്രമേയം പാസാക്കുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായ സത്യാഗ്രഹം ആയിരത്തി ഫെബ്രുവരി കസ്തോർബയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം രാജ്യം രണ്ടായി കോൺഗ്രസ് തീരുമാനത്തെ എതിർക്കുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നു ജനുവരി മുപ്പത് ഡൽഹിയിലെ ബിർലാ ഹൌസിലെ പ്രാർത്ഥനായോഗത്തിൽ വച്ച് നാഥുറാം വിനായക് ഗുഡ്സയുടെ വെടിയേറ്റ് മരിക്കുന്നു